യേശുവേ കുക്കി അസ്സലാം വ അലൈക്കും അമീൻ സലാമു അലൈക്കും അല്ലാഹു അക്ബർ അമീൻ സലാമു അലൈക്കും അല്ലാഹു അക്ബർ പു രാജാ ശിവ ഈ സർവ്ഗുരൂവേ തം തേ തേ തേ യായേ തതേ ചിരാം തേ സേ ഉോ ഭൂഷ്യമി ക തിഷിത്തെ പ്രതിഷയാമീതി ഷോകല പ്രഭവം വർഷവിശേഷ പുരുഷനിൽ നിന്ന് പതിനാറ് കലകളുടെ സൃഷ്ടിയെ കുറിച്ച് പറയും അതിൽ പ്രകടമാകുന്നു അതെന്തിനു വേണ്ടിശേഷണാർത്ഥം പുരുഷനെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കലകളെ കുറിച്ച് പറയുന്നത് അപ്പൊ അത് പല ഭാഗത്തു ചർച്ച ചെയ്തിട്ടുണ്ട് സൃഷ്ടിയെ കുറിച്ച് പറയുന്നതെല്ലാം അത് അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ് സൃഷ്ടി എന്താണ് സൃഷ്ടിയുടെ വിശേഷതകൾ എന്താണ് നമ്മൾ സയൻസ് പഠിക്കുന്ന പോലെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ പുരുഷ ബോധനാർത്ഥം പുരുഷൻ എന്താണ് പുരുഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടത് സൃഷ്ടിയെ മനസ്സിലാക്കാൻ വേണ്ടി ആയിക്കൂടാ എന്തുകൊണ്ട് താല്പര്യമില്ല അത് പരമാർത്ഥമല്ല പരമാർത്ഥത്തെ അല്ലെങ്കിൽ തത്വത്തെ ബോധിപ്പിക്കാനാണ് ശ്രുതി ശ്രമിക്കുന്നത് പിന്നെ പരമാർത്ഥമല്ലാത്ത കാര്യത്തിൽ ഒരുപാട് വിസ്തരിച്ച് ശ്രദ്ധയിൽ വ്യതിചരണം ശ്രുതി ആഗ്രഹിക്കുന്നില്ല ശ്രോതാവിനെ തത്വംനിഷ്ഠനാക്കുകതാണ് ശ്രുതിയുടെ താല്പര്യം അതുകൊണ്ട് പറയുന്നു പുരുഷബോധനാർത്ഥം പുരുഷനെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിട്ടാണ് കലാനപ്രഭോഹന് ശ്രുത ശരി പുരുഷനെ ബോധിപ്പിക്കാനാണെങ്കിൽ പുരുഷനെ കുറിച്ച് പറഞ്ഞാൽ പോലെ എന്തിനാ സൃഷ്ടിയെ കുറിച്ചൊക്കെ പറയുന്നു അടുത്ത് പല ഭാഗത്മനിൽ നിന്നാണ് ആദ്യ ആകാശം ഉണ്ടായി ആകാശത്ത് നിന്ന് ചെറുതൊറിയാതി ശബ്ദമുണ്ടായി ഓം പിന്നെ ആകാശ ആകാശത്തിൽ നിന്ന് വായു വായു നിന്നു അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥിവി അങ്ങനെ പോകുന്നു ഈ തരത്തിൽ ഉള്ള ഈ സൃഷ്ടി വർണ്ണന എന്തിനുവേണ്ടി പറയുന്നു അത് പറയുന്നത് അന്യാര്ത്ഥം പറഞ്ഞല്ലോ സൃഷ്ടിയെ കുറിച്ച് പഠിപ്പിക്കാനല്ല സൃഷ്ടിയിൽ ഇങ്ങനെയൊക്കെയുള്ള വൈചിത്രങ്ങളുണ്ട് സൃഷ്ടിയിൽ ഇത്തരത്തിലുള്ള ഭേദങ്ങളുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അത് അന്യർത്ഥമാണ് അപവാദാർത്ഥമാണ് സൃഷ്ടിയെ കുറിച്ച് പറയുന്നതെല്ലാം അതിനെ അപവാദിക്കുന്നതിന് വേണ്ടി അപവദിക്കാമെന്ന് പറഞ്ഞു മലയാളത്തിൽ പരദൂഷണം ദോഷാരോപണം കുറ്റം പറയുക എന്നൊക്കെയുള്ള അപകടമുണ്ട് പിന്നെയോ ബാധനാർത്ഥം സൃഷ്ടിയുടെ ബാധയ്ക്ക് വേണ്ടി പറയുക ബാധ എന്ന് പറഞ്ഞാലും മലയാളത്തിലെ ബാധയല്ല അവരുടെയും കൂടുന്ന ബാധയല്ല അത് സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അസത്യമാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി അതാണ് അപവാദാർത്ഥം അപ്പൊ സൃഷ്ടിയെ സത്യമല്ല പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി അല്ല തിരിച്ചും പറയാൻ എങ്ങനെയാണോ പരമാർത്ഥമാണെന്ന് ബോധിപ്പിക്കുന്നതിനു വേണ്ടി അതടുത്ത് പറയും ഭാഷ പറയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടുതരത്തിൽ പറഞ്ഞാലും ശരിയാണ് ഒന്നിൽ അത് പരമാർത്ഥം അല്ല എന്ന് ബോധിപ്പിക്കുക അതൊരു ഒരു ശൈലി ഒരു പ്രക്രിയ അല്ലെങ്കിൽ എല്ലാം പരമാർത്ഥമാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് രണ്ടും നോക്കു തോന്നുമ്പോൾ അതങ്ങനെ ശരിയാവുന്നു രണ്ടും വിപരീതാർത്ഥമാണല്ലോ പരമാർത്ഥമല്ല എന്ന് പറയുക എല്ലാം പരമാർത്ഥമാണെന്ന് പറയുക വാക്യാർത്ഥത്തിൽ വിപരീതമാണ് പക്ഷെ താല്പര്യത്തിൽ ഒന്നാണ് രണ്ടിൻ്റെ അതാണ് അന്യാർത്ഥോഭിശ്രത അന്യാർത്ഥമാണത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേൾക്കുന്ന രീതിയിലല്ല നമ്മള് സയൻസും കണക്കൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എങ്ങനെയാണ് ഏത് എന്താണ് അതിന്റെ ക്രമം സൃഷ്ടികഥനത്തിന്റെ ക്രമം എന്താണെന്ന് അടുത്ത് പറയുന്നത് സയിദ് ഷാൻ ചക്രേ പുരുഷൻ ദർശിച്ചു എന്നാണ് ഈക്ഷണം എന്ന് പറയുന്ന ഈ സംഭവം ഈക്ഷ ദർശനം എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഈക്ഷണം ഉണ്ടാകുന്നത് ദർശനം എന്നർത്ഥം ദർശനം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന സങ്കല്പം എന്നുള്ള സങ്കല്പിച്ചു ചിന്തിച്ചു വിചാരിച്ചു ഭാവന ചെയ്തു എന്നെല്ലാം പറയാം അർത്ഥത്തിലാണ് ദർശനം എന്ന് പറയുന്നത് അപ്പൊ ഈക്ഷണം എന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് അദ്വൈതത്തിന് വലിയൊരു ചർച്ചയുടെ തുടക്കമാണത് ഈ ദർശനം ഈക്ഷണം എന്ന് പറയുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പുരുഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സ ഈക്രേ അവൻ അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ചിന്തയിലൊന്നാണ് ഈ വീക്ഷണം എവിടെയെല്ലാം വീക്ഷണം വരുന്നു അവിടെയെല്ലാം അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ചർച്ചയുടെ വിഷയമാണ് ബ്രഹ്മസൂത്രത്തില് ഇതിനെ ആശ്രയിച്ചുള്ള ചർച്ച ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് ീക്ഷിച്ചു ഈക്ഷിക്കണമെങ്കിൽ ദർശിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചേതനൻ ഉണ്ടായിരിക്കും അപ്പം ഈക്ഷണം ചേതനൻ്റെ ധർമ്മമാണ് അപ്പം സൃഷ്ടി ചേതനനിൽ നിന്നാണ് സംഭവിക്കുന്നത് ജഡത്തിൽ നിന്നല്ല എന്നുള്ള അദ്വൈത സിദ്ധാന്തത്തിൻ്റെ മൂലഭൂതമായിരിക്കുന്ന പ്രമാണം അതാണ് ഈ ഈക്ഷണം സീക്ഷാൻ ചക്ര എന്ന് പറയുന്നത് ഭാഷ്യകാരനോട് പറയുന്നത് പൂർവികജ സൃഷ്ടിൻശങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ അതിന് മറുപടി പറയുമ്പോൾ തുടങ്ങുന്ന എങ്ങനെയാണ് ഇക്ഷാൻചക്ര അവനെ ഇക്ഷിച്ചു അവൻ സങ്കല്പിച്ചു ചേതനപൂർവിക അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു സങ്കല്പം സൃഷ്ടിയുടെ പിന്നിലുണ്ട് അവരെ സങ്കല്പിച്ചു അപ്പോ ആ സങ്കല്പം ദർശനം എന്ന് പറയുന്നത് എന്താണത് ചേതനന്റെ സ്വഭാവമാണ് ചേതനന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ചൈതന്യം അതാണ് ചൈതന്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ചേതനന്റെ സ്വഭാവം ആയിരിക്കുന്ന പുരുഷന്റെ സ്വഭാവം അതിന് നമ്മളെ സംഭവിക്കുന്നതാണ് ഇവിടെ ശ്രോതാവ് ചേതനനാണ് അതുകൊണ്ട് അവന്റെ സ്വഭാവമായിരിക്കുന്ന ചൈതന്യം അതിന് നമ്മൾ പറയും മാറിവെന്ന് പറയും ചിലപ്പോൾ മനസ്സെന്ന് പറയും ബുദ്ധിയെന്ന് പറയും സങ്കല്പമെന്ന് പറയും വിചാരമെന്ന് പറയും അത് തന്നെ സംഭവിക്കുന്നതുകൊണ്ട് തൻ തന്റെ സ്വരൂപം ചൈതന്യമാണോ സ്വരൂപത്തിനും ആ പേര് പറയും സ്വരൂപത്തിന്റെ വിശേഷണത്തിനും പേര് പറയും ചൈതന്യം ചേതന ശബ്ദത്തിൽ നിന്നാണ് ചൈതന്യം ഉണ്ടാകുന്നത് ണശ്ദത്തിൽ നിന്ന് ബ്രാഹ്മണ്യം എന്നുള്ള ശബ്ദം ഉണ്ടാകുമ്പോ ചേതന ശബ്ദത്തിൽ നിന്ന് ചൈതന്യം ഉണ്ടാകും ഈ ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കണം സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ പറയും ചിലപ്പോൾ അതിന്റെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിലും പറയും ചൈതന്യം എന്ന് പറഞ്ഞാൽ ചേതനന്റെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിനും പറയാം ചേതനന്റെ ധർമ്മം എന്നുള്ള അർത്ഥത്തിനും പറയാം ധർമ്മം വിശേഷണം എന്നൊക്കെയുള്ള അർത്ഥത്തിനും പറയാം പുരുഷ ചൈതന്യം എന്ന് പറയുന്നു ഇതെന്താണ് പുരുഷന്റെ വിശേഷണമായിരിക്കുന്ന ചൈതന്യം എന്ന് പറയും അപ്പൊ അവിടെ ചൈതന്യം എന്തായി ശ്രോതാവിന്റെ വിശേഷണമായിരിക്കുന്ന അറിവ് ബുദ്ധി അങ്ങനെയൊക്കെയുള്ള അർത്ഥമുള്ളൂ അവിടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിശേഷണമെന്നാണ് ചേതനന്റെ സ്വഭാവമാണ് ചൈതന്യം ഞാൻ ചേതനാണ് എന്റെ സ്വഭാവമാണ് ചൈതന്യം എന്റെ ബുദ്ധി അപ്പം ഞാനാരാ ഞാൻ ചേതനാണ് എന്നുവച്ചാൽ എന്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യമാണ് അപ്പൊ എന്റെ സ്വരൂപം ചൈതന്യം എന്ന് പറയുന്നടുത്ത് എന്താ ചൈതന്യം അവിടെ ചേതന ശബ്ദത്തിന് ചൈതന്യം എന്ന് സ്വാർത്ഥത്തിൽ എന്ന് വെച്ചാൽ സ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ സന്ദർഭമനുസരിച്ച് മാറും ശബ്ദാർത്ഥങ്ങൾ ഇപ്പൊ ചൈതന്യം എന്ന് പറയുന്ന രണ്ടർത്ഥത്തിൽ ചേതന സ്വരൂപം എന്നുള്ളത്ഥത്തിൽ പറയാം ചേതനധർമ്മം എന്നുള്ള അർത്ഥത്തിലും പറയാം രണ്ടർത്ഥത്തിലും പറയും ഓരോ സന്ദർഭങ്ങളിലും വരുമ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുഴപ്പം തിരിച്ചറിയണമെങ്കിൽ അല്പസ്വല്പം ഭാഷാജ്ഞാനം വേണം എന്തർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ചിരിക്കുന്നു നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓരോ സ്ഥലത്തും വിശദീകരിക്കാതെ നമ്മളിങ്ങനെ പറഞ്ഞു ചൈതന്യം ചേതനം ചൈതന്യം അത് അവിടെ എന്തിനുദ്ദേശ പറഞ്ഞിരിക്കുന്നു ചേതനമാകുന്ന സ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ ചൈതന്യം പറഞ്ഞു അത് ചേതനൻ ായിരിക്കുന്ന പുരുഷന്റെ ധർമ്മം എന്നുള്ളൊരു ചൈതന്യം പറഞ്ഞു എന്നുള്ളത് സന്ദർഭമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം സംസ്കൃത ഭാഷയിൽ വിശേഷിച്ചും ഇതെല്ലാം ഇങ്ങനെ ഇടകലർത്തി പോയി സ്വയം ചേതനാണ് പുരുഷൻ എന്താ ചേതനം എന്ന് പറഞ്ഞാൽ പറയും ആ പുരുഷന്റെ സ്വരൂപം തന്നെ ചൈതന്യമാണ് അവിടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ സ്വരൂപം തന്നെ ചിത്താണ് ജ്ഞാനമാണ് എന്ന് പറയുന്ന അർത്ഥമാണ് എന്നാൽ അതേ ചൈതന്യം തന്നെ പുരുഷൻ്റെ വിശേഷണവുമായിരിക്കുന്നു ഞാൻ സ്വയം ചേതന്യ സ്വരൂപനാണ് പക്ഷേ എൻ്റെ ഉള്ളിലെ ബോധം എൻ്റെ ഉള്ളിലെ അറിവ് എൻ്റെ ഉള്ളിലെ മനസ്സ് എല്ലാം ചൈതന്യമായിരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു ചിന്മയമായിരിക്കുന്നു ഞാൻ അറിവുള്ളവനാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു ഞാൻ അറിവാണ് എന്ന് പറയുന്നു പിന്നെ പറയുന്നു ഞാൻ അറിവുള്ളവനാണ് രണ്ടും പറയാറില്ല അറിവെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരൂപം തന്നെ അറിവാണ് അറിവുള്ളവനാണെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് ബുദ്ധി ഇതെല്ലാം ചൈതന്യമയമായിരിക്കുന്നു അപ്പൊ ആ എന്നിലെ ചൈതന്യഭാവം അതിനു പറയുന്ന ദർശനം ീക്ഷണം ദർശനം ചക്രയകൃതവാൻ അത് നമ്മൾ വേറെ രീതിയിൽ പറയുന്നതാണ് എൻ്റെ ഉള്ളിൽ ബോധമുണ്ടായി ഞാൻ സ്വയം ബോധസ്വരൂപനാണ് പക്ഷെ എൻ്റെ ഉള്ളിൽ ബോധമുണ്ടായി വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ജാഗ്രത്തിലേക്ക് സ്വപ്ന സുഷൃതിയിലേക്ക് വന്ന സുഷൃതിയിൽ ഞാൻ എന്തായിരുന്നു ബോധസ്വരൂപനായിരുന്നു ചേതനായിരുന്നു അവിടെയും പറയാൻ എന്താണ് ഞാൻ ചൈതന്യ സ്വരൂപനായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചൈതന്യം എന്ന് വെച്ചാൽ കേവലമായ അറിവ് ജാഗ്രത്തിലേക്ക് വന്നപ്പോഴോ എന്നിൽ ചൈതന്യം ഉണ്ടായി അവിടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്തായി ആ കേവല ചൈതന്യസ്വരൂപനായ എന്നിൽ ഉണ്ടായ അറിവ് അവിടെ ചൈതന്യം എന്ന് പറയുന്നത് ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ ഭാഷയുടെ നിയമം അനുസരിച്ച് പറയും അങ്ങനെ അപ്പുറത്തി ഉപയോഗിക്കുന്ന സ്വരൂപാർത്ഥത്തിൽ ഉപയോഗിക്കും സ്വഭാവം ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും അപ്പം ഇവിടെ പുരുഷൻ ചേതനായ പുരുഷനില് ആണ് ചൈതന്യം സംഭവിക്കുന്നത് ഇതാണ് ഇവിടെ പറയുന്നത് ഇതിങ്ങനെ ഭക്ഷ്യക്കാരൻ ഇവിടെ വിശദീകരിക്കുന്ന സൃഷ്ടിയെ സംബന്ധിച്ച് ഒരു സങ്കല്പം ഉണ്ടാകുന്നു ഇവിടെ പുരുഷനിൽ ഒരു സങ്കല്പമുണ്ടാകും ആ സങ്കല്പത്തെ തുടർന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത് അപ്പോൾ അവിടെ തെരുതിരിക്കുമ്പോഴെല്ലാം ഞാനങ്ങോട്ട് സങ്കല്പിച്ച ഉടനെ സൃഷ്ടിയൊക്കെ ഉണ്ടായി അങ്ങനെ പുരുഷൻ എന്ന് പറയുന്നത് എന്താണ് ഏകനും അദ്വയനുമായിരിക്കുന്ന തത്വം ആ ഏകനും അദ്വയനുമായിരിക്കുന്ന തത്വമാണ് എല്ലാമായി മാറിയത് അദ്വയമായിരിക്കുന്ന തത്വം എല്ലാമായി മാറി അവിടെ ഞാൻ നീ എന്ന് ചിന്തിക്കരുത് ചിന്തിച്ചാ പോയി ഞാൻ നീ എന്നെല്ലാം പറയുന്നത് സൃഷ്ടിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ അങ്ങനെയല്ല ഞാൻ നീ എന്നെല്ലാം പറയുന്ന സൃഷ്ടിയിൽ അന്തർഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ കാര്യമല്ല പറയുന്നത് അദ്വൈതനായിരിക്കുന്ന പുരുഷൻ ഞാൻ നീ എന്നുള്ളതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം അപ്പൊ അതെങ്ങനെ സങ്കല്പം ദർശനത്തെ തുടർന്ന് സങ്കല്പിച്ചു അത് സംഭവിക്കുന്നു എന്നാണ് സൃഷ്ടി അതിന് പിന്നെ ക്രമം പറയുന്നു എന്നാൽ ഞാനങ്ങോട്ട് സങ്കല്പിച്ചുടനെ ഇതൊക്കെ ഉണ്ടായി ആ അർത്ഥത്തിലല്ല പറയുന്നു കാരണം ഇവിടെ പറയും എന്താണ് ഇനി ഒരു ക്രമം പറയുന്നുണ്ട് പ്രാണൻ അവിടെ സംഭവിച്ചു പ്രാണൻ പറയുമ്പോൾ ഹിരണ്ഗർഭൻ അത് സംഭവിച്ചു അപ്പോ ഞാൻ അങ്ങോട്ട് സങ്കല്പിച്ചു അപ്പോൾ ഈ ആകാശം ഭൂമിയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വെറും പൊട്ട വേദാന്തമായി കാരണം ഞാൻ കൂടിയെന്താണ് ആ സൃഷ്ടിയുടെ കാര്യമാണ് ഞാൻ ആ സൃഷ്ടിയുടെ ഭാഗമാണ് അങ്ങനെയിരിക്കുന്നത് ഞാനങ്ങോട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും എളുപ്പമാണ് ഞാൻ സങ്കല്പിച്ചാൽ മതി എൻ്റെ വയറും നിറയും ആകാശത്തും ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്ന എനിക്ക് എൻ്റെ വയറും നിറയ്ക്കാൻ സങ്കല്പിക്കാൻ പറ്റുന്നില്ല ഷ്ഠമാണ് അതല്ല അദ്ധേമായിരിക്കുന്ന ആ തത്വത്തിൽ സംഭവിച്ച കാര്യമാണ് ദർശനം എന്ന് പറയുന്നു ഇതിനാണ് ജന്മാന്ത എന്നിടത്ത് നമ്മൾ ചർച്ച ചെയ്തു പക്ഷെ ആത്യന്തികമായി ആ തത്വം തന്നെയാണ് ഞാൻ അവിടെ വ്യത്യാസമില്ല പരമാർത്ഥത്തിൽ വ്യത്യാസമില്ല പക്ഷെ ഞാനിപ്പോൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് സൃഷ്ടാവായിട്ടല്ല സൃഷ്ടിയായിട്ടാണ് ദേഹത്തിലും മറ്റും അഭിമാനിച്ച് ഞാനെന്നുള്ള അഭിമാനത്തോടുകൂടിയിരിക്കുകയാണ് ഈ ഞാനെന്നുള്ള അഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഞാൻ എനിക്ക് സൃഷ്ടാവാൻ കഴിയത്തില്ല ഞാൻ സൃഷ്ടിയുടെ ഒരു ഭാഗമായി പോയി പക്ഷെ പരമാർത്ഥം അങ്ങനെയല്ല പരമാർത്ഥത്തിൽ ആണ് ഈക്ഷണം ദർശനം വന്നത് അത് പ്രകൃതിയിലല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഭാഷകാരൻ സമർപ്പിക്കുന്നത് അത് പ്രകൃതിയിലാണെന്നാണ് പണ്ട് സാഖ്യന്മാർ പറഞ്ഞത് ഇന്നത്തെ ആധുനികന്മാരും പറയുന്നതാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയിലാണ് എന്നാണ് അതുകൊണ്ടാണ് ഈക്ഷണം ദർശനം അതിൻ്റെ ഉറവിടം എന്താണെന്നറിയാൻ വേണ്ടി പ്രകൃതിയെ പഠിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഉൾപ്പെടെയുള്ള പ്രകൃതി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എവിടെയാണ് സംഭവിക്കുന്നത് കണ്ടുപിടിക്കണം പക്ഷെ അതാ അങ്ങനെയല്ല ഇവിടെ പറയുന്നത് അത് പുരുഷനിലാണ് സംഭവിച്ചിരിക്കുന്നത് പുരുഷനാണെങ്കിലോ ഞാനോ നീയോ അല്ല ഏകവും അദ്വൈവുമായിരിക്കുന്ന തത്വം അവിടെ ഇത് മനസ്സിലാക്കാനും ഏറ്റവും എളുപ്പം അതാണ് ജാഗ്രത അവിടെ ഞാനും നീയുമുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ സൃഷ്ടിയും ഉണ്ടായിരുന്നില്ല ഏകവും അദ്വീയവുമായ തത്വവും അവിടെ നിന്ന് വീക്ഷണം ദർശനം ആരംഭിക്കുന്നു സൃഷ്ടിയും ആരംഭിക്കുന്നു അപ്പം ഞാനാളോടെ സൃഷ്ടിച്ചാൽ നിയോഗിക്കും അല്ലേ എന്തുകൊണ്ടാണ് അവിടെ ഞാനുണ്ടായിരുന്നില്ല അല്ല ഞാനല്ലേ ഉറങ്ങിയത് ഞാനല്ലേ ഉണർന്നത് അപ്പം ഞാനല്ലേ സൃഷ്ടിക്കുന്ന അല്ല എന്തുകൊണ്ട് അവിടെ ഞാനും റങ്ങിയില്ല അവിടെ ഞാൻ ഉണർന്നില്ല മറിച്ച് എന്തായിരുന്നു അവിടെ ഏകവും അദ്വീവുമായ തത്വം അതിൽ സംഭവിക്കുന്നു അത് എങ്ങനെയാണോ ഏകമായ സമുദ്രത്തിൽ അനേകം കുമളകളും നിറകളും ഉണ്ടാകുന്നതുപോലെ ഈ ചിത് സമുദ്രത്തിൽ സംഭവിച്ചതാണ് ഞാൻ ഇനിയുമല്ല സൃഷ്ടി കാര്യമാണ് സൃഷ്ടി കർത്താവല്ല ഇവിടെ പുരുഷനിൽ സംഭവിച്ചു അതിന് എന്താ അതങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ഭാഷകാരൻ പറയും ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്താണ് അവിദ്യ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തിനു പറയുന്നു വിദ്യയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കുകയില്ല അവിദ്യയിൽ ഇതൊക്കെ സംഭവിക്കുന്നു അപ്പം അത് വിദ്യാവിദ്യകളിലുള്ള ഭേദം മാത്രമാണ് അതിന് ചില ഭാഗത്ത് മായ എന്ന് പറയും അതുകൊണ്ട് രണ്ടാകത്തില്ല പണ്ഡിതന്മാർ രണ്ടാക്കാൻ ശ്രമിക്കും പക്ഷെ രണ്ടാകത്തില്ല സഹിക്ഷൻ ചക്രേ ഈക്ഷണം ദർശനം ചക്രേ കൃത്തവാൻ അപ്പൊ അതിൽ സങ്കല്പമുണ്ടായി തത്വത്തിൽ സങ്കല്പമുണ്ടായി എന്നാണ് അപ്പൊ അല്ല ഞാൻ സങ്കല്പിച്ചു എന്നാണ് അല്ല ഈ സങ്കല്പം ഉണ്ടായിരുന്നത് ഞാൻ മാത്രമല്ല ഉണ്ടായത് മനുഷ്യൻ മാത്രമല്ല ഈ സങ്കല്പത്തിൽ ഞാനുണ്ടായി മൃഗങ്ങളുണ്ടായി പക്ഷികളുണ്ടായി അല്ലേ അപ്പോൾ സങ്കല്പത്തിലാണിതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഞാൻ സങ്കല്പിച്ചപ്പോൾ അതെല്ലാം ഉണ്ടായതല്ല ഞാൻ സങ്കല്പിച്ചുണ്ടായെങ്കിൽ ഞാൻ മനുഷ്യൻ തന്നെയാണോ നിർബന്ധം ഞാൻ മൃഗമായ പോത്തായന് കാളയായന് പശുവായന് അല്ല അപ്പോ ആ തത്വത്തിൽ ഉണ്ടായ സങ്കല്പങ്ങളാണ് ഇതെല്ലാം അതിലൊരു വലിയ സങ്കല്പമാണ് പ്രാണൻ ഹിരണ്യഗർഭൻ അടുത്ത് ഇനി പറയുന്നു ആ സങ്കല്പമാണ് ആകാശം വായു ഇതെല്ലാമായി വന്നിരിക്കുന്നത് ആ ദർശനമാണ് സൃഷ്ടി ഫലക്രമാതി വിഷയം അപ്പം ആ സങ്കല്പത്തിലാണ് സൃഷ്ടി എന്താണ് ഇതിൻ്റെ ഫലം എന്താണ് സൃഷ്ടിയുടെ ക്രമം ഇതെല്ലാം ആ തത്വത്തിൽ വരുന്ന സങ്കല്പങ്ങളാണ് ഞാൻ ഉറങ്ങി എണീറ്റ് ലോകത്തേക്ക് സങ്കല്പിച്ച് ഉണ്ടാക്കിയൊന്നുമല്ല സൃഷ്ടിച്ചതൊന്നുമല്ല തത്വത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലേ മനസ്സിലാകണമെങ്കിൽ സമുദ്രവും അതിന്റെ കുമിളകൾ പോലും പലതരത്തിലുള്ള കുമിളകളുണ്ടാകുന്നു പലതരത്തിലുള്ള നിരകളും പതകളും തരംഗങ്ങളും തിരമാലകളും എല്ലാം ഉണ്ടാവുന്നു അതുപോലെ ഏകവും മദ്യവുമായിരിക്കുന്ന തത്വത്തിൽ ഈ ഞാനും ഉണ്ടായി ജാഗ്രത ഉണടുന്നിരുന്നു കൊണ്ട് സൃഷ്ടിച്ചു എന്നെല്ലാം അഭിമാനിക്കുന്ന ഞാനും ഉണ്ടായി അതിലോ അതിലൊന്നു മാത്രം നീം അതിലൊന്നൊന്നായിട്ടുണ്ടായി പശുപക്ഷി ആദികളെല്ലാം അങ്ങനെ ഉണ്ടായി സൂര്യചന്ദ്രന്മാരെല്ലാം ആ തരത്തിലുണ്ടായി അതാണ് തത്വത്തിലെ ദർശനം എന്ന് പറയുന്നത് അതാണ് സൃഷ്ടി ഫല അതിനകത്തെല്ലാം വരുന്നു ഓരോ സൃഷ്ടി സൃഷ്ടിയുടെ ഫലങ്ങൾ സൃഷ്ടിയുടെ ക്രമം അല്ല കഥമിത്യുച്യത കസ്മിൻ കർത്തൃവിശേഷേ ദേഹാതെ ഉത് ഭവിഷ്യമി അഹം കസ്മിൻ ശരീര പ്രതിഷ്ഠിതേ അതും പ്രതിഷ്ഠാസ്യമി പ്രതിഷ്ഠിത അപ്പോ അവിടെ സൃഷ്ടി എന്ന് പറയുന്ന പ്രാണാദികളുടെ പ്രാണനെന്ന് പറയുമ്പോൾ ഈ ശരീരത്തിലിരിക്കുന്ന പരിച്ഛന്നനായിരിക്കുന്ന പ്രാണനുമാകാം എന്താണ് പ്രഥമ ജീവൻ എന്ന് പറയുന്ന വേദത്തിൽ പറയുന്ന ഹിരണ്യഗർഭനുമാകാം കാര്യഭ്രഹ്മം അതുമാകാം ഈ പ്രാണന്റെ സ്ഥിതി സൃഷ്ടി സ്ഥിതി ഉത്രാന്തി ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അനുഭവിക്കുന്നു അതായത് ഈ പ്രാണന്റെ അത് ശരീര പരിച്ഛിന്നനായിരിക്കുന്ന സ്ഥിതി ഈ ശരീരത്തിൽ പ്രാണ പിന്നെ ഇത് വിട്ടുപോകുന്നു ഓരോ ശരീരങ്ങളിൽ നിന്നിത് വിട്ടുപോകുന്നു അപ്പോൾ ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് എന്താണോ ഇനി അടുത്ത് പറയുന്ന ഈ സൃഷ്ടിക്കെല്ലാം എന്താണ് ആധാരമായിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് പുരുഷനാണ് ഉള്ളതാണ് ഇവിടെ പറയുന്നത് പക്ഷേ പ്രകൃതിയാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നതാണ് നമ്മളും പ്രകൃതിയാണ് ഏറ്റവും വലുതായി കാണുന്നത് ഭൗതികമായ ചിന്തയിൽ പ്രകൃതിയാണ് വലുതായി കാണുന്നത് പ്രകൃതിയിലാണ് എല്ലാം സംഭവിക്കുന്നത് പ്രകൃതിയാണ് വലുത് അപ്പോൾ കാരണം കണ്ണു തുറന്നാൽ ബാഹ്യമായി കാണുന്ന പ്രകൃതിയാണ് സ്വാഭാവികമായിട്ടും പ്രകൃതിയാണ് വലുത് എന്ന് തോന്നുന്നു അപ്പോൾ പ്രകൃതിയിലാണ് സൃഷ്ടിയുടെ രഹസ്യം ഇരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം പ്രകൃതിയിൽ െല്ലാം സാഖ്യന്മാര് അന്നിങ്ങനെയുള്ള ബാഹ്യമായ പരീക്ഷണങ്ങളൊന്നുമില്ല പരീക്ഷണശാലകളൊന്നുമില്ല അവരുടെ പരീക്ഷണമെന്ന് പറയുന്നത് സ്വന്തം മനസ്സില് ചിന്ത ഏകാഗ്രമായ ചിന്തധ്യാനം അത് തന്നെ പരീക്ഷണം അപ്പം അവര് കണ്ടെത്തിയെന്താണ് നന്ദത്മാക്കടത്ത പ്രധാനം കടത്തല് അത് പുരുഷാർത്ഥം പ്രയോജനം ഉലരരീകൃത്യ പ്രധാനം പ്രവർത്തന മഹദ തനോമനം പുരുഷ സ്വാതന്ത്ര്യപൂർവകർ വന്നഗുണസ്വാമ്യ പ്രധാന പ്രമാണോപന്നൃഷ്ടി കർത്ത സതി ഈശ്വരേച്ഛാവൃത്തിഷ പരമാണുഷു സുവാത്മനോ അപേകർ സാധനഭാവാ ആത്മനി അനർത്ഥ കർത്തൃത്വ അനുപദേശിച്ച ഇവിടെ രണ്ടാണ് വിഷയം എല്ലാ ചിന്തകന്മാർ അത് സാഖ്യനായാലും ശരി നൈകായികനായാലും ശരി അദ്വൈതി ആയാലും ശരി ഒന്ന് പുരുഷൻ മറ്റൊന്ന് പ്രകൃതി എല്ലാവരും ഇത് തന്നെ അവർ പറയുന്ന പേരുകൾ മാറും എന്നുള്ളവരുണ്ട് നയായികന്മാർ പറയുമ്പോൾ അത് പ്രകൃതി എന്നവര് പറയില്ല അവർ പറയും സപ്തപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഷോഡശ പദാർത്ഥങ്ങൾ അങ്ങനെയൊക്കെയുള്ള പേര് പറയും സംഖ്യന്മാർ പറയും പറയും പ്രകൃതി സൃഷ്ടി എന്ന് പറയുന്നത് എന്താണോ എവിടെ സംഭവിക്കുന്നത് പുരുഷനിലാണോ അതേ പ്രകൃതിയിലാണോ സംഖ്യൻ പറയുന്നത് പ്രകൃതിയുടെ പരിണാമമാണ് സൃഷ്ടി എന്നാണ് അതിനെ ഏറെക്കുറെ അദ്വിതി അംഗീകരിക്കുന്നുണ്ട് പൂർണമായും തള്ളിക്കളയുന്നില്ല അപ്പൊ പുരുഷനോ പുരുഷനെ കുറിച്ച് സംഖ്യൻ പറയുന്നത് എന്താണ് നിന്നു ആത്മാകർത്ത ആത്മാവ് പുരുഷൻ അകർത്താവാണ് അതിന് സൃഷ്ടി കർത്തൃത്വമല്ല പുരുഷൻ നിർഗുണനായും നിർലേപനായിരിക്കുന്നു പ്രധാനം കർത്തർ പ്രധാനം സൃഷ്ടി നടത്തുന്നു എന്നാണ് കാരണം അവരുടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് പരിണാമമാണ് പ്രകൃതി പരിണാമിത്യമാണ് പരിണമിച്ച് നിത്യമായി തന്നെയിരിക്കുന്നു ആദ്യ ആദ്യന്തഹഹീനമായി അനാദ്യാനന്തമായി പ്രകൃതി നിലനിൽക്കുകയാണ് അതിങ്ങനെ പരിണമിച്ച് പലതായി മഹത്വത്വം അഹന്തത്വം മനസ്സ് ഇന്ദ്രിയങ്ങള് ഭൂതങ്ങള് ഇങ്ങനെ നാനാ രൂപത്തിൽ അത് പരിണമിച്ച് സൃഷ്ടിയായി അടുത്ത ഭാഷകാരം പറയും ഈ തത്വം പറഞ്ഞിരിക്കുമ്പോ എന്തിനാ പ്രകൃതിയിലേക്കും സാഖ്യന്മാരിലേക്കും താർക്കികന്മാരിലേക്കും ഒക്കെ പോകുന്നു തത്വത്തെ അങ്ങോട്ട് ബോധിപ്പിച്ച പോലെ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇതെല്ലാം പറയുന്നത് കാരണം തത്വത്തെ ബോധിപ്പിക്കുമ്പോ നേരിട്ട് ഇങ്ങനെയുള്ള ഒരു കലർപ്പും ഒരു മാലിന്യം ഇല്ലാതെ നേരിട്ടങ്ങോട്ട് തത്വത്തെ ബോധിപ്പിച്ചാലും ശ്രോതാവ് അത് ബോധിക്കത്തില്ല മരിച്ചവന്റെ മനസ്സിൽ നൂറ് ചോദ്യങ്ങൾ വരും അതെന്താ അങ്ങനെ പറഞ്ഞത് തത്വമസ്യഹം ബ്രഹ്മാസ്മി അതങ്ങനെ ശരിയാകും എന്താണ് ആത്മാവ് ആത്മാവ് അങ്ങനെ ഏകമാവും അദ്വയമാവും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കാണുന്ന ഇതെല്ലാം ഇവിടെ എങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ വരുന്ന അനന്തമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ ചോദ്യങ്ങൾക്ക് സമാധാനം കണ്ടെത്തിയാലേ തത്വത്തിൻ്റെ മനുസ്ഥിരത വരത്തുള്ളൂ തത്വദാർഢ്യം അത് സംഭവിക്കത്തുള്ളൂ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എപ്പോഴും വികല്പമായി മനസ്സി കിടക്കും അതെന്താണ് നമ്മൾ ആവർത്തിച്ചു ആവർത്തിച്ചു ഇത് കേട്ടാലും വീണ്ടും മനസ്സിൽ വരുന്നില്ലേ അതെന്തങ്ങനെ അതങ്ങനെ ശരിയാകും എന്തുകൊണ്ട് മറിച്ച് ആയിക്കൂടാ അങ്ങനെ നമ്മളെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ് ഈ സാഖ്യവും യോഗവും ന്യായവും വൈശേഷ്യവും പറയുന്നത് അതിനപ്പുറമൊന്നുമില്ല എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടാ പറയുന്നത് നീയാണ് സൃഷ്ടി കർത്താവ് അതങ്ങനെ ഞാനങ്ങനെ സൃഷ്ടി കർത്താവും വരുന്നില്ലേ എന്തുകൊണ്ട് സൃഷ്ടിക ഇവിടെ കാണുന്ന ഈ പ്രകൃതിയിലാണ് അതിനൊരു പേരിട്ട് സാഖ്യൻ അത് തന്റെ തന്നെ ചിന്തയാണ് തന്റെ ചിന്ത പൊതുവെ അത് പ്രാകൃതമായിരിക്കും അത് സംസ്കൃതമാവുമ്പോൾ അത് നമ്മൾ പറയും ശാസ്ത്രമാണ് ദർശനമാണ് എന്ന് പറയും അപ്പൊ ഈ സാഖ്യവും ഇതൊന്നും പുറത്തുനിന്ന് വരുന്നതല്ല എല്ലാം നമ്മളിൽ തന്നെ തന്നെ അതിന് അതിൻ്റെയൊക്കെ ഒരു പരിഷ്കരിച്ച രൂപഭാവങ്ങളാണിതെല്ലാം എന്ന് മനസ്സിലാക്കിയാലേ ഇത് അദ്വൈത വിചാരത്തിൽ ഇത് പ്രയോജനപ്പെടുത്തണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ദർശനങ്ങൾ പഠിക്കുന്നു സർവദർശനാചാര്യനാകാം സംഖ്യദർശനം പഠിച്ചു യോഗ ദർശനം പഠിച്ചു മറ്റേ ദർശനം പഠിച്ചു അങ്ങനെ എല്ലാ ദർശനങ്ങളും പഠിച്ചിട്ട് ആചാര്യനാവാദിക്ക് ഭാരം വർധിക്കും ബുദ്ധിയില് ഭാരം വർധിച്ച് ബലം കുറഞ്ഞ് വേറൊരവസ്ഥയെത്തിച്ചേരും ഇവിടെ തന്നെ ഉദ്ദേശിക്കുന്നു അത് ഇത് ഞാൻ പറയുന്നത് അടുത്ത ഭാഷകാരം തന്നെ എന്തിനുവേണ്ടി ഇത് ചർച്ച ചെയ്യുന്നു ഇത് ശങ്കരായ കുറിച്ച് പറയുന്ന ഒരാക്ഷേപം തന്നെ എന്താണ് വലിയ താർക്കികനായിരുന്നു എല്ലാവരെയും വാദപ്രതിവാദം നടത്തി പരാജയപ്പെടുത്തി ദിഗ്വിജയം സർവജ്ഞപീഠത്തിൽ കയറി ആൾ മറ്റുള്ളവരെ വാദപ്രതിവാദം നടത്തി പരാജയപ്പെടുത്തിയളാണ് ശങ്കരാകാര്ഴുതി വച്ചിരിക്കുന്നത് തന്നെ വാദപ്രതിവാദമാണ് അപ്പോൾ അത് വാദപ്രതിവാദത്തിന് മാത്രം ഉപകരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആധ്യാത്മികമായ എന്ത് പ്രയോജനമെന്നാണ് പലരും ചോദിക്കാറുള്ളത് അപ്പോൾ എന്താ നിൻ്റെ ആധ്യാത്മികം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചു പോയിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു തരം കെറുക്കാണത് ആധ്യാത്മികം എന്ന് ഈ പറയുന്ന ആധ്യാത്മികം എന്ന് പറയുന്നു ആധ്യാത്മികം എന്ന് ഭാഷയാണ് ഒരുപക്ഷെ നിങ്ങൾ ഭാഷ വേറെയായിരിക്കും ഇതങ്ങനെ അല്ല ഇത് വിവേകമാണ് അധ്യാത്മികം എന്ന് പറയുന്നത് വിവേകമാണ് അപ്പം വിവേകത്തിന് വിചാരം ആവശ്യമാണ് സാഖ്യന്മാരും ഈ വിവേകത്തെ തന്നെയാണോ മൃഗ പിടിക്കുന്നത് സാഖ്യനും യോഗിയും എല്ലാം വിവേകത്തിനാണ് യോഗി അവസാനം ചെന്നെത്തുന്നത് വിവേകഖ്യാതി തന്നെ പക്ഷേ അവിടെ ചെറിയ ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് ആ തകരാറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്താണ് ഒന്നവർ അംഗീകരിക്കുന്നുണ്ട് ആ വിവേകത്തിൽ ആത്മാ കർത്താവ് ആത്മാവ് കർത്താവല്ല പ്രധാനം കർത്തൃ പ്രകൃതിയാണ് കർത്താവ് അത പുരുഷാർത്ഥം പ്രയോജനം പുനരീകൃത്യ പ്രധാനം പ്രവർത്തത ഇതൊക്കെ സംഖ്യന്മാർ പറയുന്നത് വിവേകത്തെ ആശ്രയിച്ചിട്ട് തന്നെയാണ് അവർ മൂർഖന്മാരൊന്നുമല്ല ഒരുപാട് ചിന്തിച്ചവരാണ് പുരുഷാർത്ഥം പുരുഷന്റെ പ്രയോജനത്തിന് വേണ്ടി പുരുഷന്റെ ലാഭത്തിനു വേണ്ടി പുരുഷന് വേണ്ടി പ്രയോജനം ഒരു രീകൃതി പ്രയോജനത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എന്നുവെച്ചാൽ ആ പ്രയോജനത്തിന് വേണ്ടി പ്രധാനം പ്രവൃത്തി പ്രധാനം പ്രവർത്തിക്കുന്നു അതായത് പ്രധാനം പ്രകൃതി പ്രധാനം വെച്ചാൽ പ്രകൃതി പ്രകൃതി പ്രവർത്തിക്കുന്നാണ് പുരുഷന് വേണ്ടി അതിന്റെ പ്രവൃത്തി അതിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനം പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞ സംഖ്യന്മാർ പറയുന്ന പ്രധാനത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പരണാമം അതാണ് അവർ പ്രവൃത്തി എന്ന് പറയുന്നത് പരിണാമം എന്ന് പറഞ്ഞാൽ എന്താ മാറ്റം മാറിക്കൊണ്ടേയിരിക്കുന്നു ഭൗതികവാദികളും പറയുന്നതല്ലേ പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ആ മാറ്റമാണ് ഇവിടെ സത്യമായിരിക്കുന്നത് എന്നൊക്കെ പറയാറില്ല അത് തന്നെ ഇവിടെ പറയുന്നു പ്രധാനം മാറിക്കൊണ്ടേയിരിക്കുന്നു അത് കേൾക്കുമ്പോൾ പ്രഥമ ശ്രവണത്തിൽ നമുക്ക് തോന്നും അത് ശരിയാണെന്ന് പ്രധാനം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്റെ പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്റെ അനുഭവമാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ എന്റെ മൊത്തം പ്രകൃതി എന്റെ മനസ്സും എന്റെ കർണങ്ങളും എന്റെ ശരീരവും നമ്മളതിനെ സ്വഭാവമെന്ന് പറയുക എന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് പ്രദീക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന എല്ലായിടത്തും എന്റെ ശരീരം പ്രദീക്ഷിണം മാറിയത് കൊണ്ടാണ് ബാല്യം യൗവനം വാര്ദ്ധക്യം ഇതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാണുന്ന കാര്യങ്ങളാണത് അതിന് പറഞ്ഞല്ലോ ഒന്ന് പരിഷ്കരിച്ചപ്പോൾ അത് ശാസ്ത്രമായി ഇത്രേ പറയുന്നുള്ളൂ സംഖ്യന്മാര് പ്രകൃതി മാറ്റത്തിന് വിധേയമാണ് ആ മാറ്റമാണ് സത്യം അതിന് ആധുനികന്മാര് പറയും ഇതെന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ മാറ്റമാണ് അപ്പൊ അത് തന്നെയാണ് തങ്കന്മാരോധ ഈ പ്രകൃതി സത്യമാണ് മാറുന്നത് ഈ പ്രകൃതി സത്യമാണ് എന്നാ ഇതിന് നാശമില്ല നാശം എന്ന് പറഞ്ഞാൽ രൂപാന്തര അത്രയേ ഉള്ളൂ മണ്ണ് പാത്രമാവും പാത്രം വീണ്ടും മണ്ണാവും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ പ്രവൃത്തി സംഭവിക്കുന്നത് അതാ പുരുഷാർത്ഥം എന്തിനു ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു പുരുഷന് വേണ്ടി ചേതനാണ് പുരുഷൻ പുരുഷന് വേണ്ടി അത് പ്രവർത്തിക്കുന്നു ആണ് പുരുഷാർത്ഥം പ്രയോജനം ഒരു രീതികൃതിയ പ്രധാനം പ്രവൃത്തി പ്രവൃത്തി എന്ന് വെച്ചാൽ പരിണാമം എന്തുകൊണ്ട് പറഞ്ഞു മഹദാദി ആകാരേണ മഹത്വത്വം മഹന്തത്വം ബുദ്ധിതത്വം അഹം തത്തുമി രൂപത്തി ഇത് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ് അതിന്റെ ഒരു ചെറിയ ഒരു അംശം മാത്രമാണ് എന്റെ ബുദ്ധിയും എന്റെ അഹങ്കാരമുണ്ട് പുരുഷന്മാരെന്താണ് അനന്തമാണോ ഒരു പുരുഷനുണ്ടോ നമ്മൾ ആത്മാവെന്ന് പറയുന്നു അവിടെ പുരുഷനെന്ന് പറയുന്നു അനന്തമായ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ഈ പ്രകൃതി അനന്തമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് മഹത്വത്വവും അഹ തത്വം എന്ന് പറയുന്നു അത് നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന പോലെ പുരുഷനെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു തത്വം ഉണ്ടായി മഹത്വവും പിന്നെ എന്റെ ഒരു അഹന്തത്വം ഉണ്ടായി അങ്ങനെ സൃഷ്ടിയുണ്ടായി അങ്ങനെയല്ല സംഖ്യന്മാർ പറയുന്നു പുരുഷൻ എന്നുള്ള പേര് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ തോന്നുന്നു ഞാനാണ് പുരുഷൻ എന്നിലൊരു മഹത്വത്വം എന്നിലൊരു അഹന്തത്വം പിന്നെ അവരുടെ മനസ്സ് ഇന്ദ്രിയങ്ങള് ഭൂതങ്ങളും വന്ന് അങ്ങനെ എന്നല്ലേ ഈ സൃഷ്ടി സംഭവിച്ചു അതല്ല പറയുന്നു പുരുഷനെന്താണ് സംഖ്യന്മാർ വരുന്നത് പുരുഷ ബഹുത്വം പുരുഷന്മാരനന്താണ് അനന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണാൻ പറ്റത്തില്ല അനന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അതിനു പറയുന്നത് അനന്തമായ പുരുഷന്മാരിൽ വരുന്ന ഈ മഹത്വം അഹന്തത്വം ഇതെല്ലാം അനന്തമാണത് അനന്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രകൃതി ആദ്യാന്തരഹിതം എന്ന് പറയുന്നത് അവിടെ എന്നിട്ടിരിക്കുന്ന ഈ കൊച്ചഹന്തയെക്കുറിച്ചോ എന്നിട്ടിരിക്കുന്ന കൊച്ചു മനസ്സിനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് അങ്ങനെ സൃഷ്ടിയുടെ ആ വ്യാപകതയെ കുറിച്ച് പറയുകയാണ് പുരുഷന്റെ അനന്തതയെക്കുറിച്ച് പറയുകയാണ് അത് ഇത്രയും ഒരു വ്യത്യാസമേ ഉള്ളു അവിടെ അവിടെ ആ പുരുഷൻ്റെ അനന്തൻ തന്നെയാണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നിവിടെ പറയുന്നു അത് അദ്വേയനായ പുരുഷനാണ് എന്ന് പറയുന്നു ഇതേയുള്ളൂ അദ്വൈതി പറയുന്നു അദ്വേനായ പുരുഷനിൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നു ഇത് സംഘന്മാർ പറയുന്ന എല്ലാ പുരുഷൻ പലതാണ് അവിടെ ഇതെല്ലാം ചെറിയൊരു വ്യത്യാസം നോക്കാം ആ ചെറിയൊരു വ്യത്യാസം എന്തുകൊണ്ട് സംഘന്മാർ പറയുന്ന അനുഭവം വെച്ചുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ വേറെ നീ വേറെ ഞാനും നീ ഒന്നാകാൻ കഴിയുന്നില്ല നീ ചിരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ഞാൻ കരയുമ്പോൾ നിനക്ക് കരയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ഉണ്ട് വേറെ വേറെയാണ് ഇതൊരു വളരെ ലഘുവായൊരു യുക്തിയാണ് എങ്ങനെ ഒന്നാകാൻ പറ്റും നീ മരിക്കുമ്പ ഞാൻ മരിക്കുന്നില്ല നീ ജനിച്ചപ്പോ ഞാൻ ജനിച്ചില്ല അപ്പോൾ പുരുഷ ബഹുത്വാനുഭവത്തിൽ ശുദ്ധമാണ് ഞാൻ വേറെ നീ വേറെ അങ്ങനെ അനന്തം അവിടെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതും എങ്ങനെ മഹത്വത്വം ബുദ്ധിത്വം എന്നൊന്നും പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സങ്ങനെ ചിന്തിക്കരുത് സംഖ്യന്മാർ അങ്ങനെയല്ല പറയുന്നു അനന്തമായ പ്രകൃതിയിൽ ആ മഹത്വവും അതുപോലെ അനന്തമായിരിക്കുന്ന തത്വമാണ് അതിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ അഹന്തത്വം അതുപോലെ തന്നെ എന്താണ് അനന്തമായൊരു തത്വമാണ് അനേക പുരുഷന്മാരിൽ അതിങ്ങനെ ആ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ അത് പ്രവർത്തിച്ച് പർണമിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മളെ ബുദ്ധിയുണ്ടതിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു അതിന്റെ ഒരു ചെറിയ അംശം എന്റെ ഉള്ളിൽ ബുദ്ധിയായും ഞാനായും എല്ലാം സ്ഥിതി ചെയ്യുന്നു എന്റെ ബുദ്ധിയും എന്റെ മനസ്സും ഒക്കെ പരിണമിച്ച് ലോകമുണ്ടായിരുന്നു നല്ല സംഖ്യം പറയുന്നു അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുള്ള ആൾക്കാർ മഹതാ ധ്യാഗാരേണ ആ പ്രകൃതി അത് പറയുന്നു ആ പ്രകൃതി എന്ന് പറയുന്നത് സത്വരജമോ ഗുണങ്ങളുടെ സമ്യാവസ്ഥയാണ് അത് എന്താ അവർ അങ്ങനെ പറയാൻ കാരണം ഈ ലോകം ഇവിടെ കാണുന്ന എന്താ അതാണ് സത്വം രജസ് തമസ് അതാണ് ഈ ലോകത്തിൽ കാണുന്നത് അപ്പൊ എവിടെയാണോ നമുക്കിത് സത്വമാണ് ഇത് രജസാണ് ഇത് തമസ്സാണ് എന്ന് വേർതിരിക്കാൻ കഴിയാത്തത് അതിനാണ് സാമ്യാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ അത് വേറുതിരിക്കാൻ പറ്റുന്നുണ്ട് കൂടിക്കലർന്നാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായി കർശനമായി ഇത് ഇത്രയും സത്വം ഇത്രയും എന്ന് മൂന്നായി പങ്കുവയ്ക്കാൻ കഴിയത്തില്ല ഇത് കലർന്നാണ് പക്ഷെ എന്നാണ് ഓരോന്നിൻ്റെ ആധിക്യം കാണുന്നുണ്ട് ഇവിടെ ഓരോ വസ്തുക്കളിലും പക്ഷേ അങ്ങനെ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിനൊരു മൂല രൂപമുണ്ട് അതും അനന്തമാണ് ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല നിന്നാണ് ഇതൊക്കെ ഇങ്ങനെ പരിണമിച്ചത് പ്രകൃതിയുടെ സമ്യാവസ്ഥ അവിടെ നിന്നും ഇതാരംഭിക്കുന്നു എന്നാ ആരംഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറും ആലങ്കാരികമായ ഭാഷയാണെന്നുണ്ട് സൃഷ്ടി അനാദിയാണ് അതിന് എന്നുവെച്ചാൽ ഇത് അനുസരിതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിയപ്പോ എവിടെ എന്ന് എങ്ങനെയെന്നൊരു ചോദ്യം മനസ്സി വന്നാൽ അതിന് സമാധാനമായിട്ടാണ് പറയുന്നത് അതിനൊരാദ്യമുണ്ട് എന്ന് പറയുന്നു അതുണ്ടായിട്ടല്ല അങ്ങനെ ഈ സമപ്രധാന ഭാവത്തിലിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് അനന്തമായ പരിണാമം സംഭവിക്കുന്നു അപ്പോൾ പ്രധാനം പ്രവർത്തത എന്ന് പറയുന്നതാണ് അവിടെ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മഹതാ ത്യാഗാരേണ അവിടെ എന്താ പുരുഷനെന്താ പണി പ്രകൃതി സ്വയം തന്നെ സന്നദ്ധമാണ് ഈ കാര്യങ്ങൾക്കെങ്കിൽ പുരുഷൻ ഈ അനന്ത പുരുഷന്മാർക്കൂടെ ജോലിയൊന്നുമില്ല തത്ര ഇതമനുബന്ധം പുരുഷ സ്വാതന്ത്ര്യേണ ഇച്ഛാപൂർവം കടുത്തിർത്തുക പുരുഷൻ ദർശിച്ചു അങ്ങനെ സൃഷ്ടി ആരംഭിച്ചു എന്ന് പറയുന്നതിന് ഒരു കാര്യവുമില്ല പുരുഷന് അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല ജന്മാദ്യ ജന്മാദികളെല്ലാം ആ പരമാർത്ഥ തത്വത്തിൽ നിന്നാണ് സംഭവിച്ചത് എന്ന് പറയുന്നത് ശരിയില്ല എന്നാണ് പ്രകൃതി മതി അതിന് പ്രകൃതിക്കാനുള്ള ശേഷിയുണ്ട് പ്രകൃതി ഇല്ലാതെ സംഭവിക്കുന്നതും നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന അതാണ് അനുമാനം കൊണ്ടും അതുവരെ എത്താൻ കഴിയും ഇതനുകരണം പുരുഷ സ്വാതന്ത്ര്യം രീക്ഷാപൂർവം കർത്തൃത്വ വചനം എന്തുകൊണ്ട് സത്വാദി ഗുണസാമാന്യ പ്രകൃതി ഗുണസാമ്യം ഗുണസാമ്യമാണ് പ്രകൃതി എന്ന് പറയുന്നത് പറഞ്ഞത് ഇവർ തിരിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ അതിന്റെ മൂലരൂപം അത് സംഘന്മാരെ അനുമാനിക്കുന്നതാണ് പ്രത്യക്ഷം ഇതിങ്ങനെയെല്ലാം സംഭവിക്കണമെങ്കിൽ ഇതിന് സംഭവിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അതും അവരുടെ അനുഭവത്തിൽ നിന്ന് ഈ ജാഗ്രത എന്ന് പറയുന്ന ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇത് സംഭവിക്കാതിരിക്കുന്ന ഒരു സുഹൃപ്തി ഉണ്ടായിരിക്കുന്നു അതുപോലെ അവരും കൽപ്പിക്കുന്നു ഒരു സാമ്യാവസ്ഥ പരിണാമം സംഭവിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പരിണാമം ആരംഭിക്കുന്നു സത്വാധിഗുണ സാമ്യ പ്രധാനേ അതിന് പ്രധാനം എന്ന് പറയുന്നു ആ സാമ്യാവസ്ഥയ്ക്ക് പ്രമാണ ഉപന്നെ പ്രമാണസിദ്ധമാണ് അവര് വേണ്ടി വന്നാൽ ശ്രുതിയിലും പ്രമാണത്തെ കണ്ടെത്തും അല്ലെങ്കിലും അവരെ സംബന്ധിച്ച് ആരാണോ സർവജ്ഞനായിരിക്കുന്ന കപിലിഷീഡ് ശാസ്ത്രം മതി പ്രമാണമായിട്ട് അതാണ് അവരെ പ്രധാന പ്രമാണം സർവജ്ഞനാണ് സർവജ്ഞനായിരിക്കുന്ന സംഖ്യൻ അങ്ങനെ കണ്ടുപിടുത്തം നടത്തി ഇതാണ് ഈ ഭാഗം വരുന്നിടത്താണ് അദ്വൈരി സർവജ്ഞത്വത്തന്ന നിഷേധിക്കുന്നു അങ്ങനെ ഒരാൾക്ക് സർവജ്ഞനൊന്നും ആകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ആ ഭാഗത്താണ് ബ്രഹ്മസൂത്രത്തിനതുവരും പ്രമാണ ഉപന്നെ സുറ്റി കടത്തരി പ്രമാണസിദ്ധമാണിത് സൃഷ്ടിക്കെടുത്ത ഒരു സതി ആരാണിപ്പോൾ പ്രമാണഉമന പ്രമാണസിദ്ധമായ സൃഷ്ടിക്കർത്താവ് ആരാണോ ഈ പ്രധാനം തന്നെ പ്രകൃതി തന്നെ സൃഷ്ടി സൃഷ്ടിക്ക പരമാണുഷു സു ആത്മനോ അപ്പോ അതങ്ങനെ പറയുമ്പോൾ സംഖ്യന്മാർ പറയുന്നത് പ്രധാനമാണ് സൃഷ്ടി നടത്തുന്നതെന്ന് പറയുമ്പോൾ ആ പ്രധാനത്തെ വിട്ടിട്ട് അവിടെ നിന്ന് ഈശ്വരനിലേക്ക് പോകുന്നവരാണ് നയായികന്മാര് ന്യായവൈശേഷികന്മാര് കണാത ഗൗതമ ന്യായികളും അവരെന്താ പറയുന്നത് ഈശ്വര ഇച്ഛ അനുവർത്തിച്ചു ആ പരമാനുഷു സൃഷ്ടി ആരംഭിക്കുന്നത് ഈശ്വരന്റെ ഇച്ഛ പരമാണുക്കള നിത്യമാണ് അത് ഈ പ്രധാനത്തെ പോലെ തന്നെ ഇവിടെ സൃഷ്ടിക്ക് കാരണമായി പറയുന്നത് സാമ്യാവസ്ഥയിലുള്ള പ്രകൃതി ന്യായവൈശേഷികന്മാർ പറയുന്നത് എന്താണ് അങ്ങനെ സാമ്യാവസ്ഥയിലുള്ള പ്രകൃതിയല്ല ഈ ഭൂതങ്ങൾക്ക് പഞ്ചഭൂതങ്ങൾക്ക് ഉള്ള ഒരു സൂക്ഷ്മമായ രൂപം പരമാണു എന്ന് പറയുമ്പോൾ ഇന്നത്തെ പരമാണെന്നൊന്നും ധരിച്ചു കളയരുത് ഇന്നത്തെ ആറ്റുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല ഇതൊക്കെ പണ്ട് കണ്ടുപിടിച്ചാണെന്നൊക്കെ പറയുന്നു അന്നത്തെ പരമാണെന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിനെ നമ്മളെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ പൊടിച്ച് പൊടിച്ച് പൊടിച്ച് പൊടിയാക്കിയാൽ ൂടെ പൊടിയാകുന്നു എന്നെ പറയാൻ പറ്റും ഒരു പൊടി എന്നെ പറയാൻ പറ്റും അത്രവരെ ആ ഒരു പരമാണുവിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ കണ്ണുകൊണ്ട് കാണാവുന്നതിനെ ഒന്നുകൂടിയൊന്നും സൂക്ഷ്മമാക്കി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മ അംശമൊന്നേ ഉള്ളൂ പരമാണുവിനർത്ഥം അല്ലാതെ ആറ്റം എന്നൊന്നും പറയുന്ന അർത്ഥത്തിലല്ല സംഖ്യ ന്യായവൈശേഷികന്മാർ പറയുന്നു പക്ഷേ സംഖ്യന്മാർ അതിനും പിന്നിലോട്ട് പോയിട്ടുണ്ട് അവർ പറയുന്നത് തന്മാത്ര എന്ന പറയുന്നു തന്മാത്ര എന്ന് പറയുമ്പോൾ പരമാണുവിനേക്കാളും സൂക്ഷ്മ ന്യവൈശേഷികമാർ പറയുന്നത് നമ്മളൊരു വസുവിനെ പൊടിച്ച് പൊടിച്ച് അങ്ങോട്ട് ചെറുതായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ത്രിസ്തരയണമെന്ന് പറയും കഷ്ടിച്ചു കാണാം ടോർച്ചടി ടോർച്ചടിച്ചു നോക്കിയാൽ കാണും ടോർച്ചടിച്ചാൽ വലുതും ചെറുതുമായ പൊടി കാണത്തില്ലേ അതിൽ നല്ല കണ്ണുള്ള ആണ് ആരോഗ്യമുള്ളവരാണ് കാണാവുന്ന ഏറ്റവും ചെറിയ പൊടിയെ പിന്നെയും രണ്ടാക്കി പിന്നെയും രണ്ടാക്കി വരുന്ന ഒരു ചെറിയ അംശമാധാനപരമാണ് അതും അങ്ങനെ ആറ്റമാകുന്നു പക്ഷേ സംഖ്യന്മാര് പറയുന്ന അത് അതിസൂക്ഷ്മമാണ് തന്മാത്ര എന്ന് പറയുന്നത് ആകാശ തന്മാത്ര വായി തന്മാത്ര എന്നെല്ലാം പറയും ആ തന്മാത്രയ്ക്ക് എന്താ പ്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് യോഗികളെ കൂട്ടുപിടിക്കുന്നത് അവര് യോഗികളുടെ ആന്തരികമായ സമാധി പരിശീലനത്തിലൂടെ കണ്ടെത്തിയാണ് തന്മാത്ര ധ്യാനത്തിലൂടെ സാക്ഷാത്കരിച്ചാണ് തന്മാത്ര എന്ന് പറയും അപ്പൊ അത് കുറച്ചുകൂടി േമമാണത് പക്ഷെ അത്രയൊന്നും എത്തിയില്ല നമ്മുടെ വൈശേഷികന്മാരെന്നൊക്കെ പറയും നമ്മൾ പൊങ്ങച്ചം പറയുന്നതാണ് അതൊക്കെ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാണ് അപ്പൊ ആ പരമാണുക്കളിൽ രണ്ടു പരമാണുകൾ കൂടി ചേർന്ന് തെണുകമായി പിന്നെ തെണുകമായി ചതുരണുകമായി പഞ്ചഗണകമായി അങ്ങനെ അങ്ങനെ സൃഷ്ടി വരുന്ന ഒരു ക്രമം പറയുന്നുണ്ട് കേവലം ഭാവന അത്രേയുള്ളൂ പിന്നെ ഈ ചെറിയ പൊടികളെല്ലാം കൂടിച്ചേരുന്നെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ പ്രപഞ്ച സൃഷ്ടി അങ്ങനെയാണെന്ന് പറയുന്നത് അതിൽ കടന്നൊരു ഭാവനയാണ് ശരി അങ്ങനെ വരുന്നതിന് എന്താ കാരണം ഈ പരമാണുക്കൾ കൂടി ചേരുന്നതിന് പറഞ്ഞു ഈശ്വര ഇച്ഛ്വരൻ ഇച്ഛിക്കുന്നു സൃഷ്ടി ഉണ്ടാവട്ടെ അപ്പം പരമാണുക്കളിൽ ക്രിയുണ്ടാകുന്നു ക്രിയകൾ കൊണ്ട് ഇതൊക്കെ കൂടിച്ചേരുന്നു കൂടിച്ചേർന്ന് സ്ഥൂല രൂപത്തിലുള്ള പൃഥിവി തുടങ്ങിയവയായി മാറുന്നു അതുകൊണ്ട് ഇതെല്ലാം സാവയവങ്ങളാണ് എല്ലാം വീണ്ടും ഇതുപോലെ വിഘടിക്കുന്നതാണ് വീണ്ടും വിഘടിച്ചു കഴിഞ്ഞാൽ അത് പ്രളയമായി വീണ്ടും ഇത് സംഘടിച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയായി അങ്ങനെ സൃഷ്ടിപ്രളയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് പറയുന്നത് അത് പരമാണുവിൽ ഈശ്വരന്റെ ഇച്ഛ കൊണ്ട് ക്രിയ സംഭവിച്ച് ഇതൊക്കെ കൂടിച്ചേരുന്നു എന്നാണ് അത് ഒരു കൂട്ടർ അങ്ങനെ പറയുന്നു ഇതാണ് പരമാണുഷു സസ് ഇനി അദ്വൈതി എന്താ അദ്വൈതമായ പരമാർത്ഥ തത്വത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്നാണ് അതിനു ചോദിക്കുന്നു എന്താണ് ആത്മനോ ഏകത്വേന കത്തൃത്വ സാധന ആത്മാവ് ഏകമാണെന്ന് നിങ്ങൾ പറയുന്നു അദ്വൈതികൾ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ സൃഷ്ടി സംഭവിക്കുന്നു സൃഷ്ടി എന്ന് പറയുന്നത് ദ്വൈതമല്ലേ ഏകത്വത്തിനങ്ങനെ ദ്വൈതം സംഭവിക്കും ഏകവും അദ്വീയവുമായ പരമാർത്ഥം എന്ന് പറയും അതിൽ സൃഷ്ടി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമാണ് എനിക്ക് നാക്കില്ലെന്ന് പറയും പോലെയാണ് അതാണ് ആത്മനോപ്യേകത്വേന കർത്തൃത്വ സാധനാഭാവം ആത്മാവിനെ നിങ്ങൾ ഏകമായും അദ്വൈവമായും സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തിനെ ആശ്രയിച്ചു ഇവിടെ സൃഷ്ടിച്ചു കുലാലൻ എന്ന് വെച്ചാൽ പാത്രം ഉണ്ടാക്കുന്ന ആണ് സൃഷ്ടിക്കണമെങ്കിൽ മണ്ണ് വേണം അതിൻ്റെ ഉപകരണങ്ങൾ വേണം െ സഹായിക്കാൻ പലരും വേണം അപ്പൊ ഏകമായ ആത്മാവ് അദ്വൈമായ ആത്മാവെന്ന് പറഞ്ഞിട്ട് അത് സൃഷ്ടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു സൃഷ്ടിക്കാൻ അപ്പോ സഹായിച്ചത് എന്തായിരുന്നു വാദാനം നിമിത്തം സഹകാരി എല്ലാത്തിനും അദ്വൈതിയും മറുപടി പറയേണ്ടി വരും മറുപടി പറഞ്ഞാൽ സമ്മതിക്കേണ്ടി വരും ഏകവും അദ്വൈതവുമായ ആത്മാവല്ല സൃഷ്ടിച്ചതെന്ന് പറയേണ്ടി വരും അത് ശരിയല്ല ആത്മനോ ഏകത്യ കർത്തൃത്യ സാധനാഭവ ആത്മാവിനെ ഏകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്തൃത്വത്തിന് സാധനമില്ല ഉപകരണങ്ങളില്ല ആത്മനഹ ആത്മനി അനർത്ഥ കർത്തൃത്വ അനുഭവത്തിൽ അദ്വൈതി പറയുന്നു ഏകമായ അദ്വൈതമായ ആത്മാവാണ് സൃഷ്ടി പറഞ്ഞു കഴിഞ്ഞാൽ താൻ അനർത്ഥം പ്രവർത്തിച്ചു എന്നു ചെയ്യും ആരും സ്വയം തന്നെ ഹിംസിക്കത്തില്ല തന്നോട് ആരും അനരസം പ്രവർത്തിക്കത്തില്ല അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന ഈ അനരസത്തെ എന്തിന് ഏകവും അദ്വീയവുമായിരിക്കുന്നു ഇതുണ്ടായി ഈ ആത്മാവ് എന്തിനാ അനരസത്തെ ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും മുറിക്കുമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ മണ്ടത്തനം ചെയ്യുന്ന ആളാണോ സൃഷ്ടികർത്താവ് അത്രയും ബുദ്ധിശൂന്യണോ തനിക്ക് അനർത്ഥത്തെ ചെയ്യുന്ന ബുദ്ധിയില്ലായ്മ കാണിക്കുന്ന ഒരാളാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ബുദ്ധിശൂന്യം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെ അത് ചെയ്യും ബുദ്ധിശൂന്യന്മാർ ചിലപ്പോൾ തനിക്ക് അനർത്ഥത്തെ ചെയ്യാൻ ഒരാളുടെ ബുദ്ധി കെട്ടു പോവുമ്പോൾ നശ്യവും സ്വയം മരിക്കണമെന്ന് തീരുമാനിക്കാറുണ്ട് തനിക്ക് അനർത്ഥത്തെ ഉണ്ടാക്കുന്ന അത് അവിവേകം കൊണ്ടാ സംഭവിക്കാം പക്ഷേ ജഗത് സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഈശ്വരൻ എന്നാ പറയുന്നു സർവജ്ഞത്വാദി ഗുണങ്ങളോടുകൂടിയാണ് അവിവേകം പ്രവർത്തിക്കുമോ തനിക്ക് അനർത്ഥത്തെ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം നിങ്ങൾ പറയുന്ന അദ്വയമായ പരമാർത്ഥ തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ സൃഷ്ടി അംഗീകരിക്കാൻ പറ്റത്തില്ല അദ്വൈതി എന്താ സമാനം പറയുന്നത് അദ്വൈതിക്ക് സമാനം ഒരൊറ്റ വാക്കുക അവിദ്യ തീർന്നു സമാനമായി എല്ലാ അനർത്ഥത്തിനും സമാനമായി സൃഷ്ടി എന്ന് പറയുന്നത് അവിദ്യ കാര്യം അവിദ്യ കൊണ്ട് അവിദ്യാമയം എന്ന് പറയുമ്പോൾ അതിന് സമാനമായി അത് അവിടെ അവിടേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചോദ്യത്തെ കൊണ്ടുവരുന്നത് ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് കേൾക്കുമ്പോൾ ചോദ്യം ഉത്തരത്തെക്കാൾ കേമമാണെന്ന് തോന്നുന്നു നമ്മുടെ ബുദ്ധിയുടെ നിലവാരം അത്രേ ഉള്ളൂ അതുകൊണ്ട് പക്ഷേ അതിന്റെ സമാധാനത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് അത് അവസാനം അവിടെ കൊണ്ടെത്തിക്കും വിദ്യ ഏത് ആക്ഷേപത്തിനും ഇത് സമാധാനവും ആത്മാനീ അനർത്ഥ കടുത്തത്വാനുദ്ദേശിച്ച അതുകൊണ്ട് എന്താ പറയുന്നത് പരമാണുവിന് സൃഷ്ടി സംഭവിക്കത്തില്ല ഈശ്വരച്ചുകൊണ്ട് അകർത്താവായി ഏകനായിരിക്കുന്ന അദ്വനായ ആത്മാവിൽ സൃഷ്ടി സംഭവിക്കത്തില്ല പക്ഷെ സൃഷ്ടി നമ്മുടെ അനുഭവമാണ് നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടിയെ അഭയസൃഷ്ടി അവിടെ സംഭവിക്കുന്നു ഈ പ്രകൃതിയിൽ തന്നെ പുരുഷനെന്തിനാരി ആത്മനോ അഥം ചൈതന്യമുള്ളവൻ ചൈതന്യസ്വരൂപനായിരിക്കുന്നവൻ ചൈതന്യധർമ്മത്തോടു രണ്ടുമാണ് അങ്ങനെയുള്ള പുരുഷൻ ബുദ്ധിപൂർവ്വകാരി ആ പുരുഷന്റെ പ്രവൃത്തി എന്ന് പറയുന്ന നമുക്കറിയാം എന്താണോ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത് ബുദ്ധിയില്ലാ പ്രവർത്തിക്കാൻ പറ്റും അവന്റെ എല്ലാ ചലനങ്ങൾക്കും പിന്നിൽ ബുദ്ധി എന്ന് പറയുന്ന ആ തത്വം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആ പുരുഷൻ ആത്മനോ അനർഥം എന്താ തനിക്ക് അനർത്ഥത്തെ ഉണ്ടാക്കുമോ സൃഷ്ടി ഉണ്ടാക്കിയിട്ട് സാങ്കേതിന്മാരും പറയുന്നു എന്താണ് പുരുഷൻ നിർഗുണനാണ് പറയുന്നുണ്ട് എന്നുവെച്ചാൽ അവിടെ ദ്വന്ദ്ങ്ങളുടെ ആഘാതങ്ങളൊന്നും പുരുഷനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ദ്വന്ദ്വിമുക്തനായിരിക്കുന്ന ഈ പുരുഷൻ ദ്വന്ദ് സൃഷ്ടിച്ചിട്ട് പിന്നെ സുഖവും അനുഭവിക്കുന്നു എന്ന് എങ്ങനെ കരുതാൻ ജ്ഞാനം ചൈതന്യം എന്ന് പറയുന്നത് പ്രകാശ സ്വഭാവമാണ് അത് വിവേകമാണത് അപ്പം വിവേകത്തോടുകൂടിയിരിക്കുന്ന പുരുഷൻ സൃഷ്ടിച്ചിട്ട് ദന്താക്കി തനർ തനിക്ക് അനർഥത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവിവേകിയാണ് സംഖ്യന്മാർ പറയുന്നത് ഒരു കാരണവശാലും ഈ പുരുഷനെ സൃഷ്ടികളത്താവായി സ്വീകരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് പ്രധാനത്തെ സ്വീകരിക്കുക എന്നാണ് ഈ പറയുന്ന സംഖ്യന്മാരുടെ ആശയങ്ങളെ പലതിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉപകസിപ്പിച്ചതാണ് അദ്വൈതം അല്ല അദ്വൈതം ആകാശത്തുനിന്ന് പൊട്ടി വീണതൊന്നുമല്ല ശങ്കരാചാര് കണ്ടുപിടിച്ചതെന്നുമല്ല സ്വന്തമായ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ പുരുഷൻ അകർത്താവാണ് ശങ്കര സ്വീകരിച്ചു പുരുഷൻ നിർഗുണനാണ് അത് സ്വീകരിച്ചു അദ്വൈതത്തിന്റെ അടിസ്ഥാനശിലകളായി സ്വീകരിച്ചിരിക്കുന്ന ഈ തത്വങ്ങളെയാണ് ഇതെല്ലാം സാങ്കിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചതാണ് അതേസമയം പുരുഷൻ പലതാണ് പുരുഷ ബഹുത്വം അതിനെ അപ്പോൾ ഇതെല്ലാം ക്രമമായി പരിണമിച്ചു എന്നാണ് ഈ ദർശനങ്ങളെല്ലാം തത്വചിന്ത എന്ന് പറയുന്നത് അല്ലാതെ ഒരാൾ ഒരു സുപ്രഭാതത്തിരുന്നപ്പം ഉണ്ടായ വെളിപാടുകളല്ല ഇത് വെളിപാട് മതങ്ങളല്ല തലമുറ തലമുറകളായി ചിന്തിച്ച് പരിശോധിച്ച് ഉറപ്പിച്ച് ഗ്രാഹ്യത്യാജ്യ ബുദ്ധിയോടുകൂടി ഊഹ അപോഹ നിയമങ്ങൾക്കനുസരിച്ച് വിവേചനപൂർവകം എത്തിച്ചേർന്ന നിർണയങ്ങളാണ് നിശ്ചയമാണ് ദർശനം എന്ന് പറയുന്നത് വെളിപാടല്ല തത്വ ഭരിക്കാനും വെളിപാടല്ല തത്വദർശനം എന്ന് പറയുന്നത് വെളിപാടല്ല ഒരു സുപ്രഭാതത്തെ ഇവിടെ പൊട്ടി വന്നു രുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നതും താഴെ ഒരനക്കം മേള ഒരു ലൈറ്റ് ഞാൻ ഞാൻ രണ്ടും കൂടി ചേർന്ന് അങ്ങനെ ഒന്നും സംഭവിച്ചല്ല സാക്ഷാത്കാരം അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ കൃക്കാണ് വിവേകമല്ല ഇത് തലമുറകൾ തലമുറകളിലൂടെ വന്നതാണ് അതാണ് സാങ്ക്യന്റെ തുടർച്ചയായിട്ട് വരുന്ന ഭഗവത്ഗീതയെന്ന് പറയുന്നത് ഈ സാങ്ക്യദർശനം തന്നെയാണ് മഹാഭാരതവും രാമായണവും എല്ലാം ഉള്ളത് ഇതാണ് അതിനൊക്കെ ശങ്കരാചാര്യം ഇങ്ങോട്ടെടുത്തിട്ട് ഒന്നുകൂടി പരിഷ്കരിച്ച് ഒന്നുകൂടി മുമ്പോട്ട് പോയി എല്ലാം കപിലന്റെയും കണാദന്റെയും ഗൗതമന്റെയും ഒക്കെ തോളിലിരുന്ന് സഞ്ചരിച്ചയാളാണ് ശങ്കരാചാര്യെന്ന് പറയുന്നത് പക്ഷെ തോളി കയറിയിട്ട് ചെവി കടിക്കാൻ പാടില്ല അത് പാടില്ല അത് നമ്മൾ രണ്ടും മനസ്സിലാവും അദ്വൈതമെന്ന് പറയുന്നത് ഈ ദർശനങ്ങളോടുള്ള എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു പക്ഷെ ചില സ്വീകരിക്കാൻ വയ്യ സ്വീകരിക്കാൻ വയ്യാത്തതിനെ നിഷേധിക്കുന്നു അത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച നിർണ്ണയം എന്തായിരിക്കണം എന്നുള്ളതാണ് സംഖ്യന്മാർ ചിലക്കെ നിർണ്ണയിച്ചു വെച്ചു ഇതാണ് പരമാർത്ഥം എന്ന് പറഞ്ഞു സംഘരായത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ നിർണയം അപൂർണമാണ് കുറച്ചുകൂടി മുമ്പോട്ട് പോകണം ഇതാണ് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞു കുറച്ചുകൂടി മുമ്പോട്ടെത്തിച്ചു സങ്കരാകാര്യ ശേഷ്യന്മാരൊന്നും അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി അതവിടെ തീർന്നില്ല വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോയി ആണ് അദ്വൈതത്തിൽ തന്നെ പല പ്രക്രിയകൾ പല ചിന്താ രീതികളുണ്ടായിരുന്നു തസ്മാ പുരുഷാർത്ഥേന പ്രയോജനേന ഇച്ഛാപൂർവ്വകമിക നീതക്രമേണ പ്രവർത്തമാനെ അചേതനെ പ്രധാനവത് ഉപചാരോയും ചക്ര സാൻ ചക്ര അവൻ ദർശിച്ചു ചിന്തിച്ചു സങ്കല്പിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ഗോണപ്രയോഗം എന്നാണ് വാസ്തവത്തിൽ ഇത് പ്രകൃതിയിലാ സംഭവിച്ചു പുരുഷനല്ലെന്നാണ് പ്രധാന വാദിയായ സാഖ്യൻ പറയുന്നത് തസ്മാ പുരുഷാർത്ഥേന പ്രയോജനമായിരുന്നു പ്രകൃതി ഒരു ഉദ്ദേശം ഒരു ഉദ്ദേശ്യം ലക്ഷ്യമുണ്ട് എന്താണ് പുരുഷാർത്ഥം പുരുഷന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക പ്രകൃതിയുടെ ജോലിയാണ് പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ അവരും പറയുന്നതാണ് പരമപുരുഷാർത്ഥം മുക്തി അതൊരുപക്ഷെ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള അനുഭവത്തിൽ നിന്നായിരിക്കും ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയും ഉണ്ട് പുരുഷന് സ്ത്രീയിൽ നിന്നുള്ള മുക്തി ആണോ കാരണം പുരുഷന്റെ ബാധ്യതയാണ് സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിച്ചിരുന്നു ഇവർക്കാർ കാരണം സ്ത്രീ പുരുഷനെ ആശ്രയിച്ചിരുന്നു ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമാണ് പുരുഷന് ബാധ്യതയാവും അപ്പം ബാധ്യതയിൽ നിന്നുള്ള മോചനമെന്ന് പറയുന്നത് ഡൈവോഴ്സ് ആ രീതിയിലും ചിന്തിച്ചിരുന്നു അതാണ് ഈ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ അതുമായിട്ടൊരു സാമ്യമുണ്ട് അപ്പോ പുരുഷാർത്ഥേന പ്രയോജനം എന്നാ പുരുഷാർത്ഥം എന്ന് വെച്ചാൽ പുരുഷന്റെ മുക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇക്ഷാപൂർവകമീതക്രമേണ പ്രവർത്തമാനെ അചേതനെ ഇപ്പോൾ പ്രകൃതിക്ക് പരിണമിക്കുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അത് പ്രകൃതി തന്നെയുള്ള നിയമങ്ങളാണ് പുരുഷനുണ്ടാക്കിയ നിയമമൊന്നുമല്ല നമ്മൾ സാധാരണ പറയുന്നത് ഈശ്വര നിയമം അതനുസരിച്ചാണ് സൃഷ്ടി സംഭവിക്കുന്നത് ഇവിടെ ഒരു ഈശ്വര നിയമവും സാങ്കന്മാർ പറയുന്നത് ഈശ്വരൻ്റെ ആവശ്യം മാത്രമല്ല ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പം എന്തുകൊണ്ട് പിന്നെ ഈശ്വരനും ഒരു ഈശ്വരനും കൂടെ വേണ്ടിവരും പ്രകൃതി സ്വയം സൃഷ്ടിക്ക് ശേഷിയുള്ളതല്ല അത് സന്നദ്ധമല്ല എന്നുള്ളതുകൊണ്ടാണ് ഈശ്വരനെ സ്വീകരിക്കുന്നത് പിന്നെ ഈശ്വരനെ ശ്രദ്ധിക്കാൻ ഒരു ഈശ്വരൻ കൂടെ വേണ്ടിവരും അല്ലാതെ വേണ്ട എന്നാണെങ്കിൽ പിന്നെ പ്രകൃതിയിൽ നിന്നാ പോരെ പിന്നെ തിന് അന്നൽ ഈശ്വരനിലേക്ക് പോകുന്നു എന്തായാലും ഒരു ഒരാളിനെ പരമാവധിയായി സ്വീകരിക്കേണ്ടി വരും അത് പ്രകൃതിയെ വേണോ അതേ ഈശ്വരനെ വേണോ പ്രകൃതിയെ സ്വീകരിക്കുന്നുകൊണ്ടൊരു ഗുണമുണ്ടെന്നാണ് പിന്നെ ഈശ്വരനെ ഒഴിവാക്കാം ഈശ്വരനെ സ്വീകരിച്ചാലോ അതിൻ്റെ മേളിൽ പിന്നെ വേറൊരു ഈശ്വരനെ സ്വീകരിക്കേണ്ടി വരും അല്ലാതെ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഈശ്വരനെ അംഗീകരിക്കേണ്ടി വരും അതിനുപക്ഷം പ്രകൃതിയെ അംഗീകരിച്ചാൽ മതി കൽപ്പനാ ഗൗരവം പ്രകൃതിക്ക് വേണ്ടി ഒരു ഈശ്വരൻ ഈശ്വരനു വേണ്ടി മറ്റൊരു അപ്പോ പ്രകൃതി സ്വയം ക്ഷമമാണ് സൃഷ്ടിക്കുക അതാണ് സംഘന്മാർ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളിനെന്താ പണി എന്ന ചോദിക്കുന്നു പ്രകൃതി തന്നെ സ്വയം പരിണമിച്ചതൊക്കെ ആകുമ്പോ പിന്നെ ഈശ്വരനെന്താ ചോദിച്ചു പ്രകൃതിക്ക് സാധിക്കാത്ത ഏത് കാര്യമാണ് ഈശ്വരനെ കൊണ്ട് സാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇച്ഛാപൂർവ്വകം ഇവ സങ്കല്പിച്ചതുപോലെ നിയതക്രമേണ അതിൽ ക്രമങ്ങളുണ്ട് നിയമങ്ങളെല്ലാം അതിനകത്ത് തന്നെയുണ്ട് പ്രകൃതിയിൽ പ്രവർത്തമാനെ അചേതനെ പ്രധാനമത് അചേതനമാണ് പ്രകൃതി അത് അങ്ങനെതനുപം അതുകൊണ്ട് പുരുഷൻ എന്നതുപോലെ ഗൌണമായി പറയണെന്താണ് സഹിച്ഛാചക്രയെ പ്രകൃതിയെക്കുറിച്ച് പറയുകയാണ് അത് ഗുണമായി പറയുകയാണ് അങ്ങനെയൊന്നുമല്ല പ്രകൃതി സ്വയം പുരുഷന്റെ ഭോഗ അപവർഗ്ഗത്തിന് വേണ്ടി അതാണ് അവരുടെ ഭാഷ ഭോഗം സുഖദുഃഖാനുഭവം പുരുഷന് സുഖതുക്കാനുഭവങ്ങൾ വേണം അപവർഗം പിന്നെ അതിൽ നിന്നെല്ലാം മുക്തി രണ്ടിനു വേണ്ടിയിട്ട് എന്താണോ ഒരു നർത്തനശാലയിലെ ഒരു നർത്തകി എങ്ങനെയാണോ ൃത്തം ചെയ്ത് പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്ന അവസാനം നൃത്തമെല്ലാം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്നു അതുപോലെ പ്രകൃതി പുരുഷന്റെ മുമ്പിൽ ഈ സൃഷ്ടിയെല്ലാം കാണിപ്പിച്ച് കാണിച്ച് പുരുഷന് കൊടുത്ത് അവസാനം അവസാനിപ്പിച്ച് അപവർഗ്ഗത്തെ കൊടുത്ത് പോകുന്നു എന്നാണ് സംഖ്യം പറയുന്നതിനെ തീർത്തുമ്പോൾ തള്ളിക്കളയാൻ പറ്റത്തില്ല യുക്തിയുക്തമായി അങ്ങോട്ട് നിഷേധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ശങ്കരാചര് ഒരുപാട് ബ്രഹ്മസൂത്രത്തിനും മറ്റും ഒരുപാട് പ്രവർത്തിച്ചിരിക്കും ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നു സാങ്കേനം ഒന്ന് ബോധ്യപ്പെടുത്താൻ അതല്ല തത്വം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൈക്ഷാൻ ചക്രയെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനത്തെ കുറിച്ചാണ് എന്നാണ് അത് ഉദാഹരണം പറഞ്ഞേർത്ത രാജ്ഞ സർവാർത്ഥകാരണീ ഭൃത്തിയെ രാജേരി തദ്വത് എന്നാണ് രാജാവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഭൃത്യൻ സേവകനായിട്ട് ഏറ്റവും അടുത്തുകൂടിയിരിക്കുന്നതാണ് അയാളെ കണ്ടു കഴിഞ്ഞാൽ രാജാവിനെ കാണുമ്പോൾ ഞെട്ടുന്നത് പോലെ ഒന്ന് ഞെട്ടും ഇതാ വരുന്നു പാര എന്ന് പറയും രാജാവിനെ കണ്ടാൽ ഞെട്ടുന്ന കൂടുതൽ കാണും രാജാവിന്റെ ഏറ്റവും അടുത്ത ശിങ്കിടിയെ കണ്ടുകഴിഞ്ഞു വാസ്തവത്തിൽ രാജാവൊന്നുമല്ല പക്ഷെ ഇയാള് സേവ പിടിച്ചിട്ട് കാര്യങ്ങളെല്ലാം കൈവിശം വച്ചിരിക്കാണ് അപ്പൊ കാണുന്നു എന്താ വരുന്നു എടുത്തി തലയിപ്പ വീഴും അപ്പോ പറയും എന്താണോ ഏട് വരുമ്പം പറയും എന്താ എസ് ഐ വരുന്നു കളിയാക്കി പറയുന്നതാണ് എന്ന് വിചാരിച്ചയാൾ എസ് ഐ ആവും ഒന്നുമില്ല അയാൾ സാധാരണ പോലീസ് മൂത്ത ഏട്ടായതാണ് ആകാനും പറ്റത്തില്ല എന്നാലും പറയും എന്താ വരുന്നു ഗൗണപ്രയോഗം എന്ന് പറയുന്നത് അതാണ് അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന സൈക്ഷാൻ ചക്ര പ്രകൃതിയുടെ കാര്യം പുരുഷന് പറഞ്ഞതാണ് അതുകൊണ്ട് പ്രകൃതിയുടെ പരിണാമമാണ് സൃഷ്ടിയും പുരുഷന്റെ ഒരു കാര്യവും എന്നാണ് പക്ഷേ സൃഷ്ടി എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ പ്രവൃത്തിയല്ല പ്രധാനത്തിൻ്റെ പ്രവൃത്തി അതാണ് അടുത്തതിൽ സമാനം പറയുന്നത്